നിനക്ക് മുമ്പുള്ള ദൂതന്മാരും നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് അവർ നിഷേധിക്കപ്പെട്ടതിലും ഉപദ്രവിക്കപ്പെട്ടതിലും ക്ഷമിച്ചു അങ്ങനെ ഞങ്ങളുടെ സഹായം അവർക്ക് ലഭിക്കുന്നതുവരെ അള്ളാഹുസുബാനഹുവറ്റഹലയുടെ വചനങ്ങൾക്ക് മാറ്റം വരുത്താൻ ആരുമില്ല ദൂതന്മാരുടെ വാർത്തകൾ നിനക്ക് ലഭിച്ചിട്ടുണ്ടല്ലോ